വരോട് അനീതി കാണിച്ചതല്ല മറിച്ച് അവർ സ്വന്തം ശരീരത്തോടാണ് അനീതി കാണിച്ചത് അതിനാൽ അള്ളാഹുസുബാനഹു വറ്റായാലായ കൂടാതെ അവർ വിളിച്ചുപ്രാർത്ഥിച്ചിരുന്ന അവരുടെ ദൈവങ്ങൾ നിന്റെ രക്ഷിതാവിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്ക് യാതൊരു ഉപകാരവും നൽകിയില്ല അതവർക്ക് നാശമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല